എം പിള്ളിന്റെ സംസ്ഥാന ഭാരവാഹികൾ നേതാക്കൾ പണ്ഡിതന്മാർ സ്നേഹമുള്ള സഹോദരന്മാർ അസ്സലാം വലൈക്കും വറഹമത്ത് വളരെ സുപ്രധാനമായ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ ക്യാമ്പയിന്റെ ഉദ്ഘാടനത്തിനാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് സുഹൃതങ്ങളുടെ സമുദ്ധരണത്തിന് എന്ന പ്രമേയവുമായി രണ്ടു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു കെ എസ് എസ് എഫിന്റെ സംസ്ഥാന സമിതി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനും അതിന്റെ ഉദ്ഘാടന പരിപാടി എന്ന നിലയിലേക്ക് കൊണ്ടുപോകാനും ഉദ്ദേശിച്ചത് സാന്ദർഭികമായി പറയാം നമ്മൾ ഉദ്ദേശിച്ച ഈ പരിപാടിയെ വിജയിപ്പിച്ചു തന്നത് കാന്തപുരം എ പി മുസ്ലിയാർ കൊണ്ടുവന്ന മുടിയാണ് ഇന്ന് കാന്തപുരം എന്ന ഗ്രൂപ്പ് എ ഗ്രൂപ്പും പി ഗ്രൂപ്പുമായി രണ്ടായി പിളർന്നിരിക്കുന്നു എന്നതാണ് നമ്മൾ കേൾക്കുന്നത് എ എന്ന് പറഞ്ഞാൽ അബൂബക്കർ മുസ്ലിയാർ കാന്തപുരവും പി എന്ന് പറഞ്ഞാൽ പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാരുമായി മാറിയിരിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യവും കൂടിയുള്ളതുകൊണ്ടാണ് വെളിപ്പെടുത്തലുകളിലൂടെ നമുക്ക് കേൾക്കേണ്ടി വരുന്നത് അതിനു മുമ്പേ അത് സംബന്ധമായി ആശങ്കകൾ നിലനിൽക്കുന്നത് അവരുടെ വിഭാഗത്തിന്റെ ഒരു മുഷാവറ എന്ന പേരിലുള്ള അവരുടെ കുറെ കിട്ടായ്മ എന്ന നിരക്കുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ട് നേരെ പത്രക്കാരെ പോലും കാണാൻ കഴിയാതെ പത്രസമ്മേളനത്തിനെത്താതെ പത്രക്കുറിപ്പ് കൊടുത്തും മുങ്ങേണ്ട ഒരു ഗതികേടിലേക്ക് അവരെത്തിയിട്ടുള്ളത് എന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാമ്പയിൻ്റെ വിജയം എന്നത് പ്രധാനമായി നിൽക്കുന്നുണ്ട് സുഹൃതങ്ങൾ എന്നത് സമസ്ത കേരള ജമീയത്തുൽ വിലമെന്ന നെഞ്ചോട് ചേർത്തു പിടിക്കുന്നതാണ് നമ്മുടെ പൈതൃകവും നമ്മുടെ പാരമ്പര്യവും നൂറ്റാണ്ടുകളായി കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ മുമ്പിൽ അഹലുസുന്നവൽ ജമാഅ എന്ന ആശയത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ മഹാന്മാരായ ഉലമാക്കൾ നടത്തുകയും അതിൻ്റെ ഒരു സംഘടിതമായ രൂപമായി സമസ്ത കേരള ഗമീയത്തും ഉലമ വരികയും ചെയ്തിട്ട് ആ പ്രസ്ഥാനത്തിൻ്റെ വലിപ്പം കൂടുതൽ കൂടുതൽ പ്രസക്തമായി വരുന്ന ഒരു സാഹചര്യമാണ് ഒന്ന് സമസ്ത പറഞ്ഞതെന്തൊക്കെയാണോ അത് പറയേണ്ടി വരുന്നു എന്നതാണ് മറ്റൊന്ന് സമസ്ത അപകടകരമെന്ന് പറഞ്ഞതൊക്കെ ഇന്ന് വലിയ അപകടകരമാകുന്നു എന്നതാണ് നമ്മളുടെ പൈതൃകങ്ങളും പാരമ്പര്യങ്ങളും നിലനിർത്തിയിട്ടില്ലെങ്കിൽ വലിയൊരാപത്തിലേക്ക് സമുദായവും സമൂഹവും പോകുന്നു എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് എസ് കെ സൈതൃകങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നു ഈ ധാർമ്മികത നിലനിൽക്കേണ്ടതും ഇന്ന് നാം കാണുന്ന ഒരുപാട് ജ്യൂർണതകൾ ആ ജ്യൂർണതകൾ കൊണ്ട് സമൂഹവും സമുദായവും അങ്ങനെ അതിനുശേഷം ശരിക്കു പറഞ്ഞാൽ രാഷ്ട്രവും വലിയൊരു നാശത്തിന്റെ വക്കിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എല്ലാ ധർമ്മങ്ങൾക്കും എതിരായ ഒരു നിലപാട് എന്ന നിലയിൽ ഈ ക്യാമ്പയിനിലൂടെ സമുദായത്തിന്റെ ഉള്ളിലേക്ക് അതായത് മനല്ലതലങ്ങളിലേക്ക് ഗ്രാമങ്ങളിലേക്ക് വീടുകളിലേക്ക് ഈ സന്ദേശം എത്താൻ ആവശ്യമാകുന്ന പ്രവർത്തന പദ്ധതിയാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ ഓരോ വീടുകളിലും ഈ സന്ദേശം എത്തേണ്ടതും അഭിനന്ദനായ നമ്മുടെ നായകൻ പണക്കാട് എന്ന സന്നിഹിതനായി കഴിഞ്ഞു എസ് കെ സിന്റെ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഈ നന്മയെ അതായത് നമ്മൾ ഇതുവരെ പൈതൃകങ്ങളായി സൂക്ഷിച്ച സകല നന്മകളെയും നിലനിർത്താൻ ആവശ്യമാകുന്ന വിധം സമൂഹത്തെ ബോധവൽക്കരിക്കലാണ് അതിലെല്ലാം വരും എല്ലാം വരുമെന്ന് പറഞ്ഞാൽ നമ്മളിന്ന് കാണുന്ന സകല ജീർണതകളെയും കുറിച്ചുള്ള ഒരു കൃത്യമായി അത് സംബന്ധമായുള്ള ബോധവൽക്കരണ പരിപാടികൾ നടക്കേണ്ടതും സൈബർ ക്രൈമും മദ്യലഹരിയും സകലമാന ജീർണതകൾ നിലനിൽക്കുന്ന ഒരു സാമൂഹിക ചുറ്റുവട്ടത്തിൽ കുടുംബശൈഥല്യങ്ങൾ ഉൾപ്പെടെയുള്ളത് മുഴുവനും ചർച്ചക്കിടുന്നുണ്ട് അതോടൊപ്പം തന്നെ സംഘടനയെ നിലനിർത്തേണ്ട വളരെ പരി വളരെ കൃത്യമായ പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന നിലയിൽ സംഘടനാ പ്രവർത്തകന് അവൻ സ്വയം പര്യാപ്തനായി സംഘടനയാണ് പ്രധാനമെന്ന ബോധ്യത്തോടുകൂടെ നിലനിൽക്കേണ്ടതുണ്ട് സമസ്തയേക്കാൾ സമസ്തയും മറ്റെന്ത് ഓപ്ഷനും മുമ്പിൽ വച്ചാൽ സമസ്തയാണ് ഞങ്ങൾക്ക് വേണ്ടത് പറയാൻ നെഞ്ച് പറയാൻ സാധ്യമാകുന്ന എസ് പ്രവർത്തകൻ ഉണ്ടാകേണ്ടതുണ്ട് എന്ന ബോധ്യത്തോടുകൂടെയാണ് ഈ ക്യാമ്പയിൻ നമ്മൾ ആരംഭിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് സമസ്ത കേരള ജം യു തുലമയും എസ് കെ എസ് പറഞ്ഞ വഴിയേ വന്നിട്ടില്ലെങ്കിൽ കാന്തപുരം പോലെയുള്ള വിഭാഗങ്ങളുടെ പിന്നാലെ പോയിട്ട് അത്തരം എരപ്പത്തരങ്ങളുടെ പിന്നാലെ നിന്നാൽ സ്വയം വരപ്പാകേണ്ടതില്ല അത് ഏറ്റുപിടിക്കാൻ തീരുമാനിച്ച രാഷ്ട്രീയ മേലാളന്മാർ എന്നുകൂടി മനസ്സിലാക്കി കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആരായാലും ശരി സമസ്ത കേരള ജം യുത്തുലമയ്ക്കൊരു വലിയ പ്ലാറ്റ്ഫോമുണ്ട് സമസ്ത ഉന്നയിക്കുന്ന എസ് കെ എസ് എഫ് ഉന്നയിക്കുന്ന ഈ പദ്ധതികൾക്ക് ഇത് നടപ്പിലാക്കപ്പെടുന്നോടത്ത് അതിന് എതിര് നിൽക്കുന്നോടത്ത് ആരായാലും അത് കാന്തപുരത്തിന്റെ കാശുവാങ്ങിയോ അല്ലയോ എന്നുള്ളതല്ല അയാളുടെ സ്വാധീനത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ പേടിപ്പിക്കുന്ന വിധത്തിലാണെങ്കിൽ ഇന്നോടെ അവസാനിക്കാൻ പോകുന്നു കാന്തപുരം വിഭാഗം മുങ്ങാൻ പോകുന്ന ഒരു കപ്പലാണ് ആർക്കെങ്കിലും ചാടി രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടാം ഇല്ലെങ്കിൽ എരപ്പാവുകയും മുങ്ങിപ്പോവുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെടും എന്നാണ് നമുക്ക് സൂചിപ്പിക്കാറ് അതുകൊണ്ട് ഈ ക്യാമ്പയിൻ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടൊക്കെ ഒരു കാര്യം ഉണർത്തുന്നു ഈ ക്യാമ്പയിൻ നിശ്ചയിക്കപ്പെട്ട പോലെ വളരെ ഭദ്രമായി നടക്കേണ്ടതും നമ്മുടെ ഗ്രാമങ്ങളിൽ എത്തേണ്ടതും ഞാൻ പറഞ്ഞ പോലെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും അത്തരം കാര്യങ്ങളിലെ കൃത്യമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ സമസ്തയാണ് പ്രധാനം സമസ്ത ഉന്നയിച്ച പാരമ്പര്യമാണ് പ്രധാനമെന്ന അഹുലസ് ഉന്നത്തി ഉൽ ജമായുടെ ആശയത്തെ നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ധർമ്മം അഭിയനായ നമ്മുടെ ഉദ്ഘാടകൻ മഹാനായ ഉസ്താദ് ജഫ്രി തങ്ങളുണ്ട് കൂടെ ബഹുമാനനായ തങ്ങളുണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കാരണം വന്ധ്യരായ തങ്ങൾ ഉസ്താദിന് വളരെ നേരത്തെ മറ്റൊരു പരിപാടിയിലേക്ക് പോകേണ്ടതുള്ളതുകൊണ്ട് മഹാനായ ഉസ്താദ് ചെറുശ്ശേരി മുസ്ലിയറും നമ്മുടെ അമരക്കാരൻമയുടെ അഭിനന്ദനായ മുഖ്യകാര്യ ദൃഷ്ടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫലിച്ചതാണ് എന്ന് മഹാനവകൾ പ്രത്യേകം സൂചിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മഹാനവികളുടെ അസാന്നിധ്യത്തിൽ തന്നെ മന്ദിരായ തങ്ങൾ ഉസ്താദ് ഉദ്ഘാടനം ചെയ്യുകയും തങ്ങൾ അധ്യക്ഷം വഹിക്കുകയും ചെയ്യുന്ന ഈ പരിപാടി ഞാൻ പറഞ്ഞല്ലോ ഒമ്പത് മണി ആകുന്നതോടു കൂടെ അതായത് മകുരമ നമസ്കാരാനന്തരം വളരെ കൃത്യമായി ചില തുറന്നു പറച്ചിലുകളോടെ നടക്കാൻ പോവുകയാണ് ആ തുറന്നു പറച്ചിലുകൾക്ക് പിന്നെ കാന്തപുരം വിഭാഗത്തിലെ ഒരുത്തനും പിന്നെ വേണ്ടവിധം മുഖമുയർത്തി നടക്കാൻ സാധ്യമാകാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടാൻ പോവുകയാണ് ഞാനെന്റെ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന എവിടെയെങ്കിലും മാറി നിന്ന് കേൾക്കുന്ന എസ് എസ് എഫിന്റെ സൂചിപ്പിക്കട്ടെ ഇതൊക്കെ നെഞ്ചത്തിൽ കൈവച്ച് മനസ്സാച്ചിയോടൊരു ചോദ്യം ചോദിക്കുക തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സമസ്ത കേരളജം യുത്തുലമ എന്ന മഹത്തായ സംഘടനയെ അതിലഭിയന്തിരായ ഗുരുനാഥന്മാരെ അഭിയന്തരായ സിദുമാരെ ആക്ഷേപിക്കുകയും അവരെ കുറ്റം പറയുകയും അവരുടെ നിലപാടുകൾ ശരിയല്ലെന്ന് പറയുകയും ചെയ്തുകൊണ്ട് സമസ്ത കേരളജം യുത്തുലമയിൽ അച്ചടക്കരായിത്യം കാട്ടിയതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടവർ അവരെയാണ് നിങ്ങൾ ഉസ്താദുമാരെന്നും ഷെയ്ഖുമാരെന്നും ഖബ്രലുലമുമാരെന്നും അതുപോലെ തന്നെ കുത്തുബുൽ അഖത്താബുമെന്നും ഒക്കെ വിളിച്ചത് ആ കുത്തുബുല കുത്താബുമാർ പോയി നിൽക്കുന്ന ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് മനസ്സാക്ഷിയുണ്ടെങ്കിൽ സ്വയം വിചാരണം ചെയ്താൽ മതിയാകും നിങ്ങൾക്ക് സത്യത്തിന്റെ പന്താവിലേക്ക് വരാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പക്ഷെ മിൽക്ക് വാതില് തുറന്നിടണമോ എന്നത് ആലോചിച്ചിട്ട് മാത്രം തീരുമാനിക്കേണ്ടതാണ് അക്കമഡേഷനെ പ്രതീക്ഷിച്ചാലും വരേണ്ടതില്ല എന്നത് പ്രതീക്ഷിച്ചാലും പക്ഷെ സത്യത്തിന്റെ വഴിയറിയുന്നവർക്ക് ഇതൊരു സത്യമാണ് ഈ നന്മയുടെ കൂടെയാണ് നിൽക്കേണ്ടതെന്ന് ബോധ്യമുള്ളവർക്ക് വരാം അവർക്കായി അത് താനക്കയറ്റത്തിന്റെ വാതിലുകളോ കസേരകളോ അല്ല പ്രവർത്തകനെ പോലെ ഇതിന്റെ കൂടെ നിന്നാൽ നാളെ മഹിസറയിൽ വിജയിക്കാം അള്ളഹൂദൻ ഉപ്പ്യുക്ത തീരുമാനാകട്ടെ എന്ന് എന്റെ പ്രിയപ്പെട്ട എസ് കേൾക്കാൻ എവിടെയെങ്കിലും എന്റെ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഞാൻ പ്രത്യേകം അപേക്ഷിക്കുകയാണ് ഒരു പ്രതിപക്ഷ ബഹുമാനം സാമാന്യം സൂക്ഷിച്ചുകൊണ്ടാണ് ഈ വർത്തമാനം പറയുന്നത് അതുകൊണ്ട് ഞാൻ നിൽക്കുന്നില്ല ഈ രണ്ടു മാസത്തെ ക്യാമ്പയിനിലൂടെ തകർക്കപ്പെട്ട ഈ വിഗ്രഹങ്ങൾ പോലെ സമസ്ത കേരള ജമ്യത്തൊഴിലുളമയുടെ കൂടെ കാര്യമുള്ളൂ എന്ന് പൊതുസമൂഹം വിധി എഴുതുകയും തന്നെ അതാണ് ശരി എന്ന ബോധ്യത്തിലേക്ക് എത്തുകയും ചെയ്യാൻ എസ് പ്രവർത്തകർ ഇതൊരു ജിഹാദായി ഏറ്റെടുക്കണം നിർബന്ധമായും ഇത് വിജയിപ്പിക്കാൻ ആവശ്യമാകുന്ന എല്ലാ പരിപാടികളുമായി നിങ്ങൾ മുന്നോട്ട് പോകണം കേവലം നമ്മൾ തെക്ക് മാത്രം ഒതുങ്ങുന്നവരല്ല ഇത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയും ഇത് നമ്മുടെ സന്ദേശത്തെ ഓരോ ഗ്രാമങ്ങളിലും ഓരോ വീടുകളിലും എത്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ആ നിലയിൽ ഈ ക്യാമ്പയിൻ കൂടി വിജയിപ്പിക്കണം സുഹൃതങ്ങളുടെ സമുദ്ധരണത്തിന് എന്ന ഈ പ്രമേയത്തെ അതിന്റെ എല്ലാ ആഴങ്ങളിലും ഇൻഷാ അള്ള വിശദീകരിക്കപ്പെടും ഞാനതിപ്പോൾ വിശദീകരിക്കാത്തത് തങ്ങളുടെ ധൃതിയും കൂടി മുന്നിൽ കണ്ടപ്പോഴാണ് അതുകൊണ്ട് ഞാൻ എന്റെ ഈ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഇതിന്റെ തീർത്ഥാടകൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാനായ ഉസ്താദ് ചെറുശ്ശേരി സൈനിക മുസ്ലിയാരായിരുന്നു പക്ഷെ ഉസ്താദിന് ചില സൗകര്യങ്ങൾ പറയുകയും അതോടൊപ്പം തന്നെ കാര്യമായി പിന്തുണക്കുകയും ചെയ്തുകൊണ്ടാണ് മഹാനവർ സംസാരിച്ചത് ഉസ്താദിന് പകരം മന്ദിരായ സയ്യിദ് മുഹമ്മദ് ജിത്രി മുത്തുക്കോയ തങ്ങൽ തങ്ങൾ ഉസ്താദാണ് ഇതിൻ്റെ ഉദ്ഘാടകൻ മഹാനവറുകളെ അള്ളാഹു ആഫീയത്തും ആയുസ് നൽകി ഈ ഉമ്മത്തിന് ഇനിയും ദീർഘകാലം നായകത്വം വഹിക്കാൻ കഴിയുമാർ അള്ളാഹു ആയുസ്സും ആരോഗ്യവും നേരത്തെ തങ്ങളെത്തി ഞങ്ങളും മുമ്പ് ആ സമയനിഷ്ഠയും അതോടൊപ്പം തന്നെ ആ കൃത്യമായ പിന്നെ നിഷ്കർഷതകൾക്കും അതിനെ അത്രത്തോളം ഓടിയെത്താൻ സാധിക്കാതെ പോയതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുക ഈ സദസിന്റെ അധ്യക്ഷൻ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ അമരക്കാരൻ നമ്മുടെ അഭിമാനം പാണക്കാട് സയ്യദ് അബ്ബാസ് അലി ശിഹാബദങ്ങളാണ് പാണക്കാട് കുടുംബം ആ കുടുംബവുമായുള്ള അഭേദ്യമായ ബന്ധത്തെ എല്ലാ നർത്തത്തിലും സംസ്ഥയുടെ ഓരോ പ്രവർത്തകന്റെയും മനസ്സിലുണ്ട് മഹാനായ സയ്യിദ് ഹൈദ് അലി സമസ്ത കേരള ജമീത്തടമയുടെ ഉപാധ്യക്ഷനാണ് സുന്നി യുവജന സംഘത്തിന്റെ അധ്യക്ഷനാണ് മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ്ദങ്ങളുടെയും പാണക്കാട് കുടുംബത്തിൻ്റെയും ആശീർവാദത്തോടെയും അവർ പറയുന്ന പ്രകാരവും ചലിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ അതിൻ്റെ അധ്യക്ഷൻ മഹാനായ സയ്യിദ് സയ്യിദ് അബ്ബാസ് അലി എല്ലാ ആദരപൂർവവും എല്ലാ ആദരത്തോടുകൂടെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ബഹുമാന്യനായ ഓയമസ്തങ്ങൾ അതുപോലെ തന്നെ ബഹുമാന്യം മലയമ്മ ബൂമാന്യം മുത്തുക്കോയത്തങ്ങൾ പൂക്കോയത്തങ്ങൾ നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഇപ്പോ ആഘോഷിക്കുകയാണെന്നറിയാം അവരെ ഞാൻ ഓർക്കുകയും ചെയ്യുകയാണ് പ്രവാസ ലോകത്തിരുന്ന് ഇതെല്ലാം കേൾക്കുകയും കാണുകയും ആവേശപൂർവം ഇതിന്റെ ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന പ്രവാസി സഹോദരന്മാർക്ക് മുഴുവനും അള്ളാഹു റബുൽ ഇസ്സത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവരുടെ ഒക്കെ പ്രതിനിധിയും അതോടൊപ്പം തന്നെ ഈ കേരള ഇസ്ലാമിക് ക്ലാസ് എസ് കെ എസ് എഫിന്റെ വിംഗ് എന്ന നിലയിൽ ഉണ്ടാക്കപ്പെട്ടതിന്റെ ചെയർമാനുമായ നോമൻ നിക്കങ്ങൾ അതുപോലെ തന്നെ എം ഇനി ഈ വേദിയിൽ നിറഞ്ഞിരിക്കുന്ന ബഹുമാന്യരായ നേതാക്കൾ എസ് കെ എസ് എഫിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാർ ബഹുമാനനായ നാസർ ഫൈസി കുടത്തായി ബഹുമാനായ അയ്യൂബ് കുളിമാട് ബഹുമാനായ പിന്നെ അഹമ്മദ് തെർലായി ബഹുമാനായ ജബിയർ സലീം ഫൈസി പിന്നെ മുസ്തഫറഫി കൊക്കിപ്പൊടി ഇങ്ങനെ ഈ വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിത നേതൃ മുഴുവനും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് വാക്ലാലമീ അസ്ലാലേക്കും വഹമത്തല്ലാഹി വ